പശ്ചാത്തപിക്കുകയും കാര്യങ്ങൾ ശരിയാക്കുകയും അള്ളാഹുസുബാനുഹുവ ത്യലയിൽ മുറുക പിടിക്കുകയും തങ്ങളുടെ ദീനിനെ അള്ളാഹുസുബാനുഹുവ ത്യലക്കു വേണ്ടി ശുദ്ധീകരിക്കുകയും ചെയ്തവരൊഴികെ അവർ വിശ്വാസികളോടൊപ്പമായിരിക്കും അള്ളാഹുസുബാനുഹുവ ത്യല വിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്